അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ തനിക്ക് ഓദിക്കൊടുക്കുന്നതവൻ കേൾക്കുന്നു എന്നിട്ട് അവൻ അഹങ്കാരത്തോടെ അതിൽ ഉറച്ചു നിൽക്കുന്നു താനത് കേട്ടില്ലെന്ന ഭാവത്തിലാണവൻ അതിനാൽ അവന് വേദനയേറിയ ശിക്ഷയെക്കുറിച്ച് സന്തോഷവാർത്ത അറിയിക്കുക